മനുഷ്യരിൽ ചിലർ അറിവില്ലാതെ വാഹസ് ബഹാനുഭവത്തെ ആലാവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി വിനോദരൂപത്തിലുള്ള സംസാരങ്ങളെ വാങ്ങുന്നു അതിനെ അവർ പരിഹാസമാക്കി മാറ്റുകയും ചെയ്യുന്നു അവർക്ക് നിന്ദമായ ശിക്ഷയുണ്ട്